ധ്യായം രണ്ട് എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചുവെച്ചു അവനെ പിന്നെ ഒളിച്ചുവെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശിയും ീലും തേച്ചു പൈതലിന് അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അവന് എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു അപ്പോൾ പറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു കുട്ടി ഇദാ കരയുന്നു അവൾക്ക് അതിനോട് അലിവു തോന്നി ഇത് എബ്രായറുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഫറവന്റെ പുത്രിയോട് ഈ പൈതലിന് മുല ഒരു യബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരേണമോ എന്ന് ചോദിച്ചു പറവന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്നു പറഞ്ഞു കന്യക ചെന്നു പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു പറവന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല വളർത്തേണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി പൈതൽ വളർന്ന ശേഷം അവളവനെ പറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവനവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവളവന് മോശ എന്ന് പേരിട്ടു ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിശ്രയിമ്മ്യനെ അടിച്ചുകൊന്ന് മണലിൽ മറവു ചെയ്തു പിറ്റേ അവൻ ചെന്നപ്പോൾ രണ്ട് യപുരുഷന്മാർ തമ്മിൽ ശങ്കയിടുന്നത് കണ്ടു അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിശ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു പറവോൻ ഈ കാര്യം കേട്ടാറേ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ പറവോന്റെ സന്നദ്ധിയിൽ നിന്ന് ഓടിപ്പോയി മിത്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു മിഥ്യാനിലെ ഏഴ് പുത്രിമാർ ഉണ്ടായിരുന്നു അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ റെഗുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു ഒരു മിശ്രയമ്മൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്ന് ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു അവൻ തന്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ അവനെ വിട്ടച്ചു പോന്നതെന്ത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്നു പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറെ കൊടുത്തു അവളൊരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗർഷോം എന്ന് പേരിട്ടു ഏറെനാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവിർപ്പിട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു